അധ്യായം ഇരുപത്തി ഒന്ന് അനന്തരം ലേവ്യരുടെ കുടുംബത്തലവന്മാർ പുരോഹിതനായ എലയാസാരിന്റെയും നൂന്റെ മകനായ യോശുവയുടെയും ഇസ്രായേൽ ഗോത്രങ്ങളിലെ കുടുംബത്തലവന്മാരുടെയും അടുക്കൽ വന്നു കനാൻ ദേശത്ത് ഷീലോവിൽ വച്ച് അവരോട് യഹോവ ഞങ്ങൾക്ക് പാർപ്പാൻ പട്ടണങ്ങളും ഞങ്ങളുടെ കന്നുകാലികൾക്ക് പുൽപ്പുറങ്ങളും തരുവാൻ മോശമുഖാന്തരം കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു എന്നാറെ ഇസ്രയേൽ മക്കൾ തങ്ങളുടെ അവകാശത്തിൽ നിന്ന് യഹോവയുടെ കൽപ്പനപ്രകാരം ഈ പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും ലേവ്യർക്ക് കൊടുത്തു കെഹാത്യരുടെ കുടുംബങ്ങൾക്ക് വന്ന നറുക്കുപ്രകാരം ലേവ്യരിൽ പുരോഹിതനായ അഹ്റോന്റെ മക്കൾക്ക് യഹൂദ ഗോത്രത്തിലും ഷിമയോൻ ഗോത്രത്തിലും ബെന്യാമിൻ ഗോത്രത്തിലും കൂടെ പതിമൂന്ന് പട്ടണം കിട്ടി ശേഷം മക്കൾക്ക് ഗർഷോന്റെ മക്കൾക്ക് ഇസാഖാർ ഗോത്രത്തിലും ആഷർ ഗോത്രത്തിലും നഫ്താലി ഗോത്രത്തിലും ബാഷാനിലെ മനശിയുടെ പാതിഗോത്രത്തിലും നറുക്കുപ്രകാരം കിട്ടി മെരാരിയുടെ മക്കൾക്ക് കുടുംബം കുടുംബമായി ഗോത്രത്തിലും ഗാദ് ഗോത്രത്തിലും സെബൂലൂൻ ഗോത്രത്തിലും കൂടെ പന്ത്രണ്ട് പട്ടണം കിട്ടി യഹോവ മോശമുഖാന്തരം കൽപ്പിച്ചതുപോലെ ഇസ്രയേൽ മക്കൾ ലേവ്യർക്ക് ഈ പട്ടണങ്ങളും അവയുടെ പുൽപുറങ്ങളും നറുക്കുപ്രകാരം കൊടുത്തു അവർ യഹൂദ മക്കളുടെ ഗോത്രത്തിലും ഷിമയോൻ മക്കളുടെ ഗോത്രത്തിലും താഴെ പേർ പട്ടണങ്ങളെ കൊടുത്തു അവ ലേവി മക്കളിൽ കെഹാത്യറുടെ കുടുംബങ്ങളിൽ അഹരോന്റെ മക്കൾക്ക് കിട്ടി അവർക്കായിരുന്നു ഒന്നാമത്തെ നറുക്ക് വന്നത് യഹൂദ മലനാട്ടിൽ അവർ അനാക്കിന്റെ അപ്പനായ അർബയുടെ പട്ടണമായ ഹെബ്രോനും അതിന് ചുറ്റുമുള്ള പുൽപ്പുറങ്ങളും അവർക്ക് കൊടുത്തു എന്നാൽ പട്ടണത്തോട് ചേർന്ന നിലങ്ങളും ഗ്രാമങ്ങളും അവർ യഹൂനയുടെ മകനായ കാലേബിന് അവകാശമായി കൊടുത്തു ഇങ്ങനെ അവർ പുരോഹിതനായ അഹരോന്റെ മക്കൾക്ക് കൊല ചെയ്തവന് സങ്കേത നഗരമായ ഹെബ്രോനും അതിന്റെ പുൽപ്പുറങ്ങളും ലിബനയും അതിന്റെ പുൽപ്പുറങ്ങളും യഥീരും അതിന്റെ പുൽപ്പുറങ്ങളും എസ്തേമോവയും അതിന്റെ പുൽപ്പുറങ്ങളും ഹോലോനും അതിന്റെ പുൽപ്പുറങ്ങളും ദബീരും അതിന്റെ പുൽപുറങ്ങളും അയ്യീനും അതിന്റെ പുൽപ്പുറങ്ങളും യുദ്ധയും അതിന്റെ പുൽപ്പുറങ്ങളും ബസ് അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ ആ രണ്ട് ഗോത്രങ്ങളിൽ ഒമ്പത് പട്ടണവും ബെന്യാമിൻ ഗോത്രത്തിൽ ഗിബയോനും അതിന്റെ പുൽപ്പുറങ്ങളും ഗേബയും അതിന്റെ പുൽപ്പുറങ്ങളും അനാഥോത്തും അതിന്റെ പുൽപ്പുറങ്ങളും അൽമോനും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ നാല് പട്ടണവും കൊടുത്തു അഹ്റോന്റെ മക്കളായ പുരോഹിതന്മാർക്ക് എല്ലാം കൂടി പതിമൂന്ന് പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി കെഹാത്തിന്റെ ശേഷം മക്കളായ ലേവ്യർക്ക് ഹാത്യ കുടുംബങ്ങൾക്ക് തന്നെ നറുക്കുപ്രകാരം കിട്ടിയ പട്ടണങ്ങൾ യഫ്രയിം കോത്രത്തിൽ ആയിരുന്നു യഫ്രയിം നാട്ടിൽ കൊല ചെയ്തവന് സങ്കേത അതിന്റെ പുൽപ്പുറങ്ങളും ഗേസരും അതിന്റെ പുൽപ്പുറങ്ങളും കിപ്സയും അതിന്റെ പുൽപ്പുറങ്ങളും ബേഫോരോനും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ നാല് പട്ടണവും ഡാൻകോത്രത്തിൽ എൽ തെക്കേയും അതിന്റെ പുൽപ്പുറങ്ങളും ഗിബേത്തോനും അതിന്റെ പുൽപ്പുറങ്ങളും അയ്യാലോനും അതിന്റെ പുൽപ്പുറങ്ങളും ഗത്ത് റിമോനും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ നാല് പട്ടണവും മനുഷ്യയുടെ പാതിഗോത്രത്തിൽ താനാക്കും അതിന്റെ പുൽപ്പുറങ്ങളും ഗത്ത് അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ രണ്ടു പട്ടണവും അവർക്ക് കൊടുത്തു ഇങ്ങനെ കെഹാത്തിന്റെ ശേഷം മക്കളുടെ കുടുംബങ്ങൾക്ക് എല്ലാം കൂടി പത്തു പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി ലേവിയറുടെ കുടുംബങ്ങളിൽ ഗർഷോന്റെ മക്കൾക്ക് മനഷയുടെ പാതിഗോത്രത്തിൽ കൊല ചെയ്തവന് സങ്കേത ഗോലാനും അതിന്റെ പുൽപ്പുറങ്ങളും ബേയസ്തരയും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ രണ്ടു പട്ടണവും ഇസാഹാർ ഗോത്രത്തിൽ കിഷിയോന്നും അതിന്റെ പുൽപ്പുറങ്ങളും ദാബേരത്തും അതിന്റെ പുൽപ്പുറങ്ങളും യർമൂത്തും അതിന്റെ പുൽപ്പുറങ്ങളും യൻഗന്നീമും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ നാല് പട്ടണവും അഷേർ ഗോത്രത്തിൽ മിഷാലും അതിന്റെ പുൽപ്പുറങ്ങളും അബ്ദോനും അതിന്റെ പുൽപ്പുറങ്ങളും ഹെക്ലത്തും അതിന്റെ പുൽപ്പുറങ്ങളും രഹോബും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ നാല് പട്ടണവും നഫ്താലി ഗോത്രത്തിൽ കൊല ചെയ്തവന് നഗരമായ ഗലീലയിലെ കേദശും അതിന്റെ പുൽപ്പുറങ്ങളും ും അതിന്റെ പുൽപ്പുറങ്ങളും കർത്താനും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ കൊടുത്തു ഗർശൂന്യർക്ക് കുടുംബം കുടുംബമായി എല്ലാം കൂടി പതിമൂന്ന് പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി ശേഷം ലേവ്യരിൽ മരാജ്യ കുടുംബങ്ങൾക്ക് സെബുലുൻ ഗോത്രത്തിൽ യോക്നേയാമും അതിന്റെ പുൽപ്പുറങ്ങളും കർത്തയും തിന്റെ പുൽപ്പുറങ്ങളും ദിമ്മിനും അതിന്റെ പുൽപ്പുറങ്ങളും നഹലാലും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ നാല് പട്ടണവും രൂപൻ ഗോത്രത്തിൽ ബേസരും അതിന്റെ പുൽപ്പുറങ്ങളും യഹ്സയും അതിന്റെ പുൽപ്പുറങ്ങളും കെതേമോത്തും അതിന്റെ പുൽപ്പുറങ്ങളും മേഫാത്തും അതിന്റെ പുൽപുറങ്ങളും ഇങ്ങനെ നാല് പട്ടണവും ഗാതുഗോത്രത്തിൽ കൊല ചെയ്തവന് സങ്കേത നഗരമായ ഗിലയാദിലെ രാമൂത്തും അതിന്റെ പുൽപ്പുറങ്ങളും മഹനെയുമും അതിന്റെ പുൽപ്പുറങ്ങളും ഹെഷ്ബോനും അതിന്റെ പുൽപ്പുറങ്ങളും യെസ്സേരും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ എല്ലാം കൂടി നാല് പട്ടണവും കൊടുത്തു അങ്ങനെ ശേഷം ലേവ്യ കുടുംബങ്ങളായ മെരാജ്യർക്ക് നറുക്കുപ്രകാരം കുടുംബം കുടുംബമായി കിട്ടിയ പട്ടണങ്ങൾ എല്ലൂടി പന്ത്രണ്ട് ആയിരുന്നു ഇസ്രയേൽ മക്കളുടെ അവകാശത്തിൽ ലേവ്യർക്ക് എല്ലാം കൂടി നാൽപ്പത്തെട്ട് പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി ഈ പട്ടണങ്ങളിൽ ഓരോന്നിനു ചുറ്റും പുൽപ്പുറങ്ങൾ ഉണ്ടായിരുന്നു ഈ പട്ടണങ്ങൾക്കൊക്കെയും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു യഹോവ ഇസ്രയേലിന് തനവരുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശമെല്ലാം കൊടുത്തു അവർ അത് കൈവശമാക്കി അവിടെ കുടിപാർത്തു യഹോവ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെയൊക്കെയും ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി ശത്രുക്കളിൽ ഒരുത്തനും അവരുടെ മുമ്പിൽ നിന്നിട്ടില്ല യഹോവ സകല ശത്രുക്കളെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു യഹോവ ഇസ്രയേൽ ഗ്രഹത്തോട് അരുളി വാഗ്ദാനങ്ങളിൽ ഒന്നും വൃത്താവാകാതെ സകലവും നിവൃത്തിയായി